ോകം സ്തംഭാഭ്യന്തര ഗർഭാവനിഗതവ്യതവൈഭവോ യഞ്ചാനന പാഞ്ചജന്യവുഷ്യഹതാർത്ഥ തണമി ദ പ്രമാണിവ്യുസുന്ദര എന്റെ അർത്ഥമാണ് പറഞ്ഞത് അങ്ങനെ സ്തംഭാഭ്യന്തര ഗർഭാവനികതവ്യാഖ്യാത തദ്വൈഭവ സ്തംഭത്തിന്റെ ഉള്ളിൽ അവ്യക്തമായിരുന്നു കൊണ്ട് തന്റെ നിപത്വത്തെ സ്പഷ്ടമായി പ്രകാശിപ്പിച്ച വനം മനുഷ്യന്റെയും ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് തന്റെ വിശ്വാത്മകതയെ വെളിപ്പെടുത്തിയവനും വ്യക്തമായി വെളിപ്പെടുത്തി വരുന്നു പ്രഹ്ലാദാഭിതാർത്ഥ തക്ഷണമ്രമാണം പ്രഹ്ലാദനാൽ പറയപ്പെട്ട നിമിഷം തന്നെ പ്രത്യക്ഷ പ്രമാണമായ ശരദിന്ദു സുന്ദരതനു ശരത് ചന്ദ്ര എന്നെപ്പോലെ സുന്ദരമാ ശരീരത്തോടുകൂടിയ സിംഹാദ്രി സിംഹാദ്രിക്ക് ചൂടാമണിയായിരിക്കുന്നവനുമായ യഹരി സഹാവൻ മഹ അവ രക്ഷിക്കട്ടെ ഇതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് അടുത്ത് വരുന്നത് അടുത്ത് ഗുരുവിനാ നമസ്കരിക്കുന്ന ജ്യോതിർ യദ്ദക്ഷിണാമൂർത്തി വ്യാസശങ്കര ശബ്ദിതം ജ്ഞാനോത്തമാഖ്യം തദ്വന്ദേ സത്യാനന്ദപോദിതം യോതി ഏതൊരു ജ്യോതിസാണോ ജ്യോതിസ് എന്ന് വെച്ചാൽ ചൈതന്യസ്വരൂപനായ ഏതൊരുവനാണോ ലക്ഷണാമൂർത്തി വ്യാസശങ്കര ശബ്ദിതം ദക്ഷിണാമൂർത്തി തുടർന്ന് വ്യാസൻ അതുകഴിഞ്ഞ് ശങ്കരാചാര്യർ എന്നീ ശബ്ദങ്ങളാൽ പറയപ്പെട്ടവനാണ് ശബ്ദം എന്നുവെച്ചാൽ എന്നീ പേരുകളോടുകൂടിയവർ ജ്ഞാനോത്തമാഖ്യം ഒടുവിൽ ജ്ഞാനോത്തമം ജ്ഞാനോത്തമെന്ന് പറയുന്ന സ്വഗുരു ചിസുകാചാര്യന്റെ ഗുരു ആണ് കഴിഞ്ഞ വശം പോലെയാണ് ആഖ്യാ എന്നുള്ള ഹ്രസ്വമായി എങ്ങനെയാണ് ഒരു വിശേഷം കൊടുക്കുന്നു സത്യാനന്ദ പദോദിതം സച്ചിതാനന്ദത്തിലെ രണ്ട് പദങ്ങളാണ് കൂടെ എടുത്തത് സത്യം ആനന്ദം ഇനി ഒന്ന് ശേഷിക്കുന്നുണ്ട് അത് അവസാനം വരും സത്യം ആനന്ദം എന്നീ പദങ്ങളാൽ ഉദിതം പറയപ്പെട്ടവൻ ആയ തത് ആ ജ്യോതിസ്വരൂപനായ െ സ്വഗുരുവിനെ വന്ദേ ഇതും ബ്രഹ്മത്തിന്റെ ഏകത്വത്തിൽ പറയണം ജ്യോതിസ് എന്ന് വെച്ച ബ്രഹ്മം ആ ബ്രഹ്മം തന്നെയാണ് ആദ്യം ദക്ഷിണാമൂർത്തിയായിരുന്നു ഉപദേശം കൊടുത്തത് സനകാദികൾക്ക് അതേ ജ്യോതിസ് തന്നെയാണ് പിന്നീട് വ്യാസരൂപത്തിൽ വന്നിട്ട് സൂത്രങ്ങൾ രചിച്ചത് അതേ ജ്യോതിഷ തന്നെയാണ് ഇവിടെ ശങ്കരാചാര്യായിട്ട് വന്നിട്ട് ഭാഷയത്തിന് ആ ഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയ ആളാണ് ജ്ഞാനോത്തമാചാര്യൻ എന്ന് പറയുന്നു ആ ഭാഷത്തിന്റെ വ്യാഖ്യാനം ആരും കണ്ടിട്ടില്ല ആരും വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും കണ്ടിരിക്കാം അപ്പൊ പരമ്പരയെ പറയാണ് ഒരേ ജ്യോതിഷ തന്നെയാണ് ദക്ഷിണാമൂർത്തി വ്യാസൻ ശങ്കരൻ ജ്ഞാനോത്തമൻ വരെ എത്തിയത് ബ്രഹ്മസൂത്ര ഭാഷ്യവഖ്യാതാവ് ആ ഇത് വ്യക്തികളല്ല ഇതെല്ലാം എന്താണ് സത്യ ആനന്ദ പദങ്ങളാൽ ഉദിതമായ ജ്യോതിസാണ് ബ്രഹ്മചൈതന്യമാണ് എന്ന് തന്റെ ഗുരുവിനെ ബ്രഹ്മത്തോട് അഭേദമായി രൂപകം വന്ദിക്കുന്നു അഹം വന്ദേ അപ്പൊ അത് ഗുരുവന്ദനം അതാണ് ജ്യോതിർയദക്ഷിണാമൂർത്തി വ്യാസശങ്കരശ്ദിതം ജ്ഞാനോക്തമാഖ്യം തദ്വന്ദേ സത്യാനന്ദപദോദിതം അതിന് വിശേഷിച്ചു ക്ലിഷ്ടമായ ഭാവങ്ങളൊന്നുമില്ല ആ ജ്യോതിസെന്ന് പറയുന്ന അവസരം പിന്നെ അതെല്ലാം അതിന്റെ വിശേഷണമായിട്ടെടുക്കാം എന്താണോ വ്യാസശങ്കര ശബ്ദിദം ദ്തിയാണ് ഞാനോക്തമാക്കിയം സത്യാനന്ദപദോദിതം ജ്യോതി യജ്യോതി തത് ജ്യോതി അഹം മന്ത്രി പുല്ലിംഗത്തിൽ വന്നാൽ ഞാനോത്യമാഖ്യ നമസത്തിൽ വന്നോ വിശേഷണമായിട്ടെടുത്താൽ ഞാനോത്യമാഖ്യം ദ്വിതീയത്തമാഖ്യം ഹ്രസ്വം വരുമ്പോൾ ഞാനോത്യമാഖ്യാ പുല്ലിംഗമോ ശ്രീലിംഗോ ദംസവും ഏതുമാക്കാം ഏ ജ്ഞാനോത്തമ അല്ലോത്തമാഖ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ജ്ഞാനോത്തമാഖ്യൻ എന്ന് പറയുന്നതാണ് ആ ഒരു ഗുരു ഗുരു അത് പുല്ലിംഗത്തിലാ പറയുന്നത് ജ്ഞാനോത്തമാഖ്യൻ പക്ഷെ വിശേഷണമായി വരുമ്പോ നാം സമാനോത്തമാഖ്യം എന്ന് പറയാം ഇവിടെ ജ്യോതിഷന്റെ വിശേഷണമായി ്രദദ്വാദംസ പ്രഗൽവാചാ കിയതുകുഖമനി പ്രദീകുഷ പ്രത്യക്തത്വ പ്രദീപികയെ വിശേഷിപ്പിക്കയാണ് പ്രതീജ തത്വം പ്രത്യത ജീവാത്മാവിന്റെ തത്വം പ്രത്യക്തത്വം പ്രത്യത പ്രദീപിക ഇവ പ്രദീപിക പ്രത്യക്തത്വത്തിന്റെ വിളക്ക് പോലെയുള്ള ഒന്നാണ് അതിനെ പ്രകാശിപ്പിക്കുന്നർത്ഥം പ്രദീപികന്ന് വെച്ചാൽ വിളക്ക് എന്നർത്ഥം ഇവിടെ വിളക്ക് പോലെ എന്ന് വെച്ചാൽ പ്രത്യത ജീവാത്മാവിന്റെ തത്വത്തെ പ്രകാശിപ്പിക്കുന്നത് ആണ് പ്രത്യതീപിക ചിസുഖാചാര്യനാൽ വിരചിതം അതുകൊണ്ട് ചിത്സുഖി അങ്ങനെയുണ്ട് പേര് പ്രത്യേക തത്വപ്രദീപിക അതിനെ ചുരുക്കി തത്വപ്രദീപിക എന്ന് പറയും തത്വം എന്തിന്റെ തത്വം പ്രത്യേക ജീവതത്ത്വ അതിനെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ ഗ്രന്ഥം അപ്പൊ അത് പിന്നെ വ്യാഖ്യാനമൊക്കെ നമ്മൾ മനസ്സിലായിക്കൊണ്ട് എങ്ങനെയാണവളൊക്കെ അന്ധകാലത്തെ മാറ്റിയിട്ട് വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതുപോലെ ഈ ഗ്രന്ഥം ആത്മാവിനെ സംബന്ധിച്ച അജ്ഞാനത്തെ മാറ്റി തത്വത്തെ പ്രകാശിപ്പിക്കുന്നു അതൊക്കെ നമ്മൾ ഗ്രഹിച്ചോങ്ങും അതിനെ വിശേഷിപ്പിക്കുകയാണ് വിപ്രതിപത്തിവ്രാതദ്വന്ദംസപ്രഗത്ഭവാചാല വിപ്രതിപത്തിവ്രാതം വിപ്രതിപത്തിനാം വ്രാതം വിപ്രതിപത്തി എന്ന് പറഞ്ഞാൽ വിരുദ്ധവാദങ്ങൾ വിരുദ്ധ അഭിപ്രായങ്ങൾ ഇവിടെ വിരുദ്ധവാദങ്ങൾ വിപ്രതിപത്തിനാം വ്രാതം എന്ന് വെച്ചാൽ സമൂഹം വിരുദ്ധാഭിപ്രായ സമൂഹം ഏവ ദ്വന്ദം അതൊരു ഇരുട്ടാണ് നാനാഭിപ്രായങ്ങൾ അതായത് വിരുദ്ധം ഈ എന്ന് പറഞ്ഞാൽ വിരുദ്ധാഭിപ്രായങ്ങളൊന്നുകൂടെയാണ് വിപ്രതിപത്തി എന്ന് പറയുമ്പോൾ വിരുദ്ധാഭിപ്രായങ്ങളാണ് അപ്പൊ ആത്മാവിനെ സംബന്ധിച്ച വിരുദ്ധാഭിപ്രായങ്ങൾ കേട്ടുകഴിഞ്ഞാൽ മനസ്സ് കലങ്ങിപ്പോകും അതൊന്നല്ല വളരെയധികം അഭിപ്രായങ്ങളാണ് നമ്മള് വിപ്രതിപത്തി ഭ്രാത അത് തന്നെയാണ് എന്ത് ധന്തം ഒരു അന്ധകാരമാണ് അന്ധകാരത്തെ ഉണ്ടാക്കുന്നതാണ് വിരുദ്ധാഭിപ്രായങ്ങൾ കേട്ടാൽ മനസ്സ് കലുഷിതമാകുന്നു അങ്ങനെ അത് അന്ധകാരം എന്ന് പറഞ്ഞിരിക്കുന്നു അതിന് അന്ധകാരത്തോട് പറഞ്ഞിരിക്കുന്നു ആ വിരുദ്ധാഭിപ്രായ സമൂഹത്തെ തസ്യധ്വംസയെ അതിൻ്റെ നാശത്തിൽ വിരുദ്ധാഭിപ്രായങ്ങൾ കൊണ്ട് അന്ധക്കരണ കാത്തെ നശിപ്പിക്കുന്നതിൽ പ്രഗൽഭ വളരെ പ്രാഗൽഭ്യമുള്ള സാമർഥ്യമുള്ളൂഹം ധാരാളം വാക്യങ്ങൾ ഇതിനകത്തുണ്ട് വാദികളുടെ നാനാപാദങ്ങളെ നിരസിക്കുന്നു ശരിയായ ആശയത്തെ പ്രകാശിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങളുള്ളതുകൊണ്ടാണ് വാചാല എന്ന് പറഞ്ഞത് ആലച്ച് ആടച്ചൗ ബഹുഭാഷിണി വാചാലൻ മൂക്കം കരൂത്തി വാചാലം എന്നുവെച്ചാൽ ധാരാളം സംസാരിക്കുന്നവൻ അപ്പം ഈ ഗ്രന്ഥം ധാരാളം സംസാരിക്കുന്നുണ്ടെന്നർത്ഥം ഗ്രന്ഥം സ്വയം സംസാരിക്കുകയാണ് ഒരുപാട് വാക്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുവെച്ചാൽ അത് അധ്യയനം ചെയ്യുന്നവരുടെ അന്ധകരണത്തിലെ അന്ധകാരത്തെ മാറ്റുന്നു എന്നർത്ഥം അതിനുള്ള സാമർഥ്യതാണ് പ്രഗത്ഭവാചാലും അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ിസുഖി എന്ന് പറയുന്നത് ഖണ്ഡന മണ്ഡന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് അതിനുവേണ്ടി തന്നെ എഴുതിയാണ് കാരണം പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും ഇവിടെ ഖണ്ഡിക്കുന്നത് താർക്കിയന്മാരെയാണ് താർക്കികന്മാരെ എന്തുകൊണ്ട് ഖണ്ഡിക്കുന്നു ദ്വൈതികളിൽ ചാട്ടം കൂടുതൽ അവർക്കാണ് അവർക്ക് താർക്കികന്മാർ അപ്പൊ അവരെ അടിച്ചു താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും തീർന്നു ദ്വൈതികളെ എല്ലാവരും മുന്നിൽ കണ്ടുകൊണ്ട് ദ്വൈതത്തെ ഖണ്ഡിച്ചാൽ താർക്കികനെ ഖണ്ച്ചാൽ എല്ലാ ദ്വൈതവാദങ്ങളെയും നിഷേധിച്ചു ഇപ്പൊ താർക്കികന്മാരാണ് ശിസുകാചാര്യർ ഇതെഴുതുന്ന സമയം ചാരിയുടെ കാലം പറയുന്ന ഒരു പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാന കാലം അതൊന്നും കൃത്യമല്ല പല അഭിപ്രായങ്ങളുണ്ട് ആ സമയത്ത് മിന്നിക്കൊടി പാറിച്ചിരിക്കുന്നത് താർക്കികന്മാരാണ് കാരണം അവര് ബൗദ്ധന്മാരെ ജൈനന്മാരെ എല്ലാം പരാജയപ്പെടുത്തി അവരുടെ സമയമായിരുന്നു നോക്കിയപ്പോ അവർക്ക് എതിരാളികളില്ല ആരും പിന്നെ ഇപ്പൊ ശങ്കരാചാര്യർ വന്നു കഴിഞ്ഞു ശങ്കരാചാര്യരുടെ കാലശേഷമാണ് നോക്കിയപ്പോ പിന്നെ കിട്ടിയതാരെയാ അദ്വൈതികളുടെ അവരുടെ മേക്കെട്ട് കയറി ആ സമയത്താണ് ശിശു കാചാര്യർ വന്നിട്ട് കാരണം അവർക്ക് ആരും ഇല്ലാത്ത കൊണ്ടാണ് അവര് കാരണം അവർ ആസ്തികന്മാരാണ് തർക്കികന്മാരും ന്യായവൈശേഷികന്മാരും ആസ്തികന്മാരാണ് അവർക്ക് അദ്വൈതികളോട് വിരോധമൊന്നുമില്ല അവരുടെ വിരോധം മുഴുവൻ ആരോടാണ് ൌദ്ധന്മാരുടെ നാസ്തികന്മാർ നാസ്തികന്മാരെയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞപ്പോ ഈ ചട്ടമ്മമാരെ പോലെയാണ് വേറെ ആരെയും അടിക്കാൻ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ഭാര്യ അടിക്കും അതുപോലെ ഇവർ നോക്കുമ്പോൾ വേറെ ആരും ഇല്ല ഫൈറ്റ് ചെയ്യാൻ പിന്നെ ആരുടെ അത്തായി അദ്വൈതികരുടെ അടുത്തായി പോയത് എന്ത് ചെയ്തു ശിശുഖാചാര്യര് എഴുതി അത് ആദ്യം അവരോട് ഏറ്റുമുട്ടിയ ആരാണ് ാരൻ അദ്ദേഹം ന്യായവൈശേഷികന്മാര് എന്തിനകത്തൊട്ടോ അതെല്ലാം നാശമാക്കി എന്നുവെച്ചാൽ സർവത്തെയും ഖണ്ച്ചു ന്യായവൈശേഷികന്മാരെ പറഞ്ഞു അവരുടെ ലക്ഷണം പ്രമാണം എന്ന് വേണ്ട സർവത്തെയും തകർത്ത് തരിപ്പണമാക്കി പറഞ്ഞു അപ്പോ പക്ഷെ തരാറുണ്ട് എന്താണോ അത് വിദണ്ഡാവാദമാണ് വിദണ്ടയുടെ പ്രത്യേകത എന്താണ് സുപക്ഷ സ്ഥാപന ഹീന ആണ് പരപക്ഷത്തെ നിഷേധിക്കും പക്ഷെ സുപക്ഷത്തെ സ്ഥാപിക്കത്തില്ല അത് വിദണ്ഡാവാദം കൊണ്ടുവന്നപ്പോ താർക്കികന്മാരും മുഖം തിരിച്ച് ഇതെന്ത് ഏർപ്പാടാണ് ഞങ്ങൾ പറയുന്ന എല്ലാം തന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു ഒരു തരത്തിൽ അനുറചനീമാണെന്ന് പറഞ്ഞു വെച്ചു അത് അദ്വൈതിക്ക് സഹായകമാണെങ്കിലും പ്രത്യേകിച്ചൊരു സിദ്ധാന്തമില്ല ഖണ്ഡനഖണ്ഡപാധ്യകാരൻ അനുവചനീം പറഞ്ഞാൽ അത് അദ്വൈതി സഹായം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഖണ്ഡനഖണ്ഠകാരൻ ന്യായവൈശേഷികന്മാരെ എല്ലാം ഖണ്ഡിച്ചെങ്കിലും അയാളടുത്ത് പോയി ഏറ്റുമുട്ടിയിട്ട് ഒരു കാര്യവും എന്ത് പറഞ്ഞാലും ഖണ്ഡിക്കുന്നു ഒരാളടുത്ത് എന്ത് വാദപ്രതിവാദം നടത്താനാണ് നിങ്ങൾ പറയുന്ന എന്നാ തെറ്റാണെന്ന് പറയും എന്നാൽ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അനു വചനീ എനിക്കൊന്നും പറയാനുമില്ല അപ്പോൾ അവരുപേക്ഷിച്ചു ഖണ്ഡനഖണ്ടക അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ശതസുഭൂഷണി എന്നൊക്കെ പറഞ്ഞ് ഗ്രന്ഥങ്ങളൊക്കെ എഴുതി അങ്ങനെ വന്നപ്പോ അവർക്ക് അവർ നേരിട്ട് പിന്നെന്ത് അദ്വൈതത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി അപ്പോ ഇവിടെ പലരും വന്നു മാധവസമ്പ്രദായത്തിൽ വ്യാസരാജൻ ന്യായാമൃതം എഴുതി അദ്വൈതത്ത് ഭണ്ണിച്ചുകൊണ്ട് രാമാനുജ സമ്പ്രദായത്തിൽ വെങ്കടനാഥ് ഗീതാഭാഷ്യത്തിന്റെ വ്യാഖ്യാനമൊക്കെ എഴുതി വലിയ താർക്കികൻ ശതദൂഷൻ എഴുതി ആ അത് അദ്ദേഹം വെങ്കടനാഥ് ദേശികർ ദേശികർ എന്നാണ് അറിയപ്പെടുന്നത് വലിയ പണ്ഡിതനായിരുന്നു വലിയ പണ്ഡിതെന്ന് വെച്ചാൽ അപകാരമായ തലയുള്ള നമ്മുടെയൊക്കെ അപേക്ഷിച്ച് ഒരു പത്ത് തലേ പത്തോ നൂറോ ആയിരമോ പറയാൻ പറ്റത്തി അത്രയും ഓർമ്മശക്തിയും ശാസ്ത്ര പണ്ഡിത്തോന്ന് ഇതൊക്കെ കണ്ടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇതിനെല്ലാം ഇവരെല്ലാം ധൈര്യങ്ങളാകുമ്പോൾ ഇവരെ ഖണ്ടിക്കുന്നതിന് ആരോ ഖണ്ഡിച്ചാൽ അതുകൊണ്ടാണ് ചിസ്ക ആചാര്യർ വന്നിട്ട് ഗ്രന്ഥമിതി െല്ലാം ഖണ്ഡിച്ചു ഖണ്ഡനഖണ്ഡാദ്യം നടത്തിയ ആക്രമണങ്ങൾക്കെല്ലാം ഇതിന് മറുപടി പോകുന്നു ഇതിനെ വെറുതെ വിടുമോ ഇതിനെ അവർ വിട്ടില്ല ഇതിനെ വെറുതെ വിടാന്നപ്പോഴാണ് മധുസുദിന സരസ്വതി വന്നിട്ട് അദ്വൈതസിതാണുക്രമം ി ഹസാനം അദ്വീസിദ്ധികാരൻ വന്നപ്പോ ഇതേ രീതി തന്നെയാണ് മിക്കവാറും സ്വീകരിച്ചത് പ്രതിപാദന രീതി ഇതുപോലെ തന്നെയാണ് ഇവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മിഥ്യാത്വ ലക്ഷണം അത് തന്നെ അവിടെയും ഇത് ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെയൊക്കെ തന്നെയാണ് അദ്വൈസിദ്ധികാരൻ സ്വീകരിച്ചത് അദ്വൈസിദ്ധികാരനും പ്രധാനമായും ന്യായാമൃതത്തെയാണ് ഖണ്ഡിച്ചത് മാധ്യന്മാരുടെ അപ്പൊ അദ്വൈത സിദ്ധിയെ ഖണ്ഡിച്ചപ്പോൾ അവർക്ക് പിടിച്ചില്ല ന്യായാമൃതത്തിന് ന്യായാമൃത തരങ്കിണി എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനമായി അദ്വൈസിദ്ധിയുടെ ഈ വ്യാഖ്യാനങ്ങളെല്ലാം കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുമിച്ച് കിട്ടി മൊത്തമില്ല കുറച്ച് ഭാഗത്തുണ്ട് ന്യായാമൃത തരങ്കിണി അദ്വൈസിദ്ധിയെ ഖണ്ണിച്ച് അതുകൊണ്ടപ്പോ അദ്വൈതികൾക്ക് പിടിച്ചല്ല അവര് ഗൗഡബ്രഹ്മാനന്ദി എഴുതി ന്യായാമൃത തരങ്കിണിയെ അവർക്ക് പിടിച്ചല്ല അവര് തരങ്കിണി കൌസ്തുഭ എഴുതി ഗൗഡബ്രഹ്മാനന്ദിയെ കണ്ണിച്ചു ഇങ്ങനെ അവസാനം അനന്തകൃഷ്ണശാസ്ത്രി അടുത്ത കാലത്ത് ബംഗാളിൽ ജീവിച്ചിരുന്നയാളാണ് അടുത്ത സമീപകരം അദ്ദേഹത്തിനെയും ഖണ്ഡിച്ചു ദുരിതത്തെയും ഖണ്ഡിച്ചു പിന്നെ വന്ന പോരായ്മകളെയൊക്കെ കാശികാനന്ദജ് ഖണ്ണിച്ചുകൊണ്ട് അദ്ദേഹവും എഴുതിയിട്ടുണ്ട് കാശികാനന്ദജ് കണ്ണിച്ച് എഴുതി ഇപ്പം കാശികാനന്ദയെ ഖിക്കാൻ വേണ്ടിയിട്ട് ദ്വൈതികളെല്ലാം കൂടെ കുടിച്ച് കഴിഞ്ഞിട്ട് വാദപ്രതിവാദം ശാസ്ത്രാർത്ഥവാദം എന്നു അവസരം അവിടെ കസേര എടുത്ത് അടിച്ച് പ്രശ്നം പരിഹരിച്ച് വാദപ്രതിവാദം ഇല്ലാരതൊക്കെ പഴയ കാലത്ത് ഇന്നലൊന്നും ആർക്ക് ശേഷി ഇല്ലാത്തോണ്ട് സംഗതി അലമ്പാക്കി വിട്ട് അവസാനിപ്പിച്ചു അങ്ങനെ കിടക്കാത് ഇപ്പൊ ആരാ ജയിച്ചതെന്ന് ചോദിച്ചാ ആർക്കാണോ അവര് തോറ്റ് ഉടുപ്പിയിലെ ശാസ്ത്രാർത്ഥവാദം പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വായിച്ചുപോകണം അപ്പൊ ഇതിലൊന്നും അവസാനിക്കത്തില്ല പിന്നെ അവരവരുടെ പക്ഷം ഇങ്ങനെ പറയുന്നു അത് ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കാരണം വിപ്രതിപത്തിവന്ദ്ധ്വംസ എന്ന് പറഞ്ഞു ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നു ഇത് ധൈര്യയുടെ പോട്ടെ അദ്വൈതം പരിശീലിക്കുന്നവർക്ക് തന്നെ അവരുടെ മനസ്സിൽ സംശയം വരും അവരെല്ലാം ഇങ്ങനെ പറയുന്നു ഇത് അസംബന്ധമാണെന്നപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ അവരവരുടെ സിദ്ധാന്തത്തിൽ അവരവരുടെ ആൾക്കാർക്ക് സംശയം വരും അങ്ങനെ വരുമ്പോ പരിഹരിക്കണം അതിനുവേണ്ടിട്ടാണ് ഇവരാഗദ്വേഷങ്ങൾ കൊണ്ട് മത്സരബുദ്ധിയോടുകൂടി ചെയ്യുന്നതല്ല സ്വന്തം ശിഷ്യന്മാരേന്ന് അവർ പറഞ്ഞല്ലോ ഇത് ശരിയല്ല ഇതങ്ങനെ ശരിയാകും എന്നാ ഇപ്പ ശരിയാക്കി എന്ന് പറഞ്ഞ് ശരിയാക്കി കൊടുത്താണേത് ചിസുഖിട്ടുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം എന്താ കോമഡിന്നും കാണാറില്ല അതുപോലെ ശരിയാക്കി കൊടുത്താണ് ഇപ്പൊ ശരിയാക്കി തരാം ശരിയാക്കി കൊടുത്തു ഇത് വിപ്രതിപത്തി വ്രാത ധംസ പ്രഗത്ഭാല അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതി പക്ഷെ ആ എഴുതിയ കാലത്ത് ഇതുകൊണ്ട് എല്ലാവരും വിരണ്ടുപോയി അദ്ദേഹത്തിന്റെ ശിഷ്യൻ അനുഭവ സ്വരൂപൻ അദ്ദേഹം തന്നെ ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അമലാനന്ദൻ ആര് കൽപ്പതിരു എഴുതിയാണ് ഇങ്ങനെയൊക്കെ കഥകളാണ് ഇതൊന്നും ചരിത്രമല്ല അങ്ങനെ ഇദ്ദേഹത്തിന് വലിയൊരു പരമ്പര തന്നെ കൊണ്ട് ഇദ്ദേഹം കാഞ്ചീപുരത്തെ ശങ്കരാചാര്യരായി ദീർഘകാലം ഇരുന്നു എന്ന് പറയുന്നു ഇദ്ദേഹം ഈ ഇവിടെ പറഞ്ഞല്ലോ എന്താണോ എന്റെ ആന്ധ്രയിലുള്ള ഒരു ക്ഷേത്രത്തെ ഇരിക്കുന്ന മൂർത്തിയെ സ്തുതിച്ചല്ലേ അതാണ് സിംഹാദ്രി ചൂടാമണി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇദ്ദേഹം ദക്ഷിണേന്ത്യക്കാരനാണെന്ന് പറയുന്നു പക്ഷെ വടക്കേന്ത്യക്കാർ പറയത്തില്ല അത് സംഭവിക്കത്തില്ല അവർ പറയുന്നു ദക്ഷിണ ദക്ഷിണേന്ത്യയിൽ അങ്ങനെ വലിയ കാർക്കികന്മാരൊന്നും ഉണ്ടായിട്ടില്ല ദക്ഷിണേന്ത്യയില് പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഇത് കൂടുതലും പ്രചരിച്ചിരുന്നത് ബ്രാഹ്മണരുടെ ഇടയിലാണ് അപ്പൊ ദക്ഷിണേന്ത്യയിലെ ബ്രാഹ്മണരെല്ലാം മീമാംസകരായിരുന്നു കൂടുതലും മീമാംസയില് വലിയ പ്രൌഢവിദ്വാൻമാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഈ നൂറ്റാണ്ടുകൾ ഇപ്പോൾ ഒരു കാരണവശാലും ഇദ്ദേഹം ദക്ഷിണേന്ത്യക്ക് കാണാകാൻ വഴിയില്ല ഈ കാലഘട്ടത്തിൽ തർക്കത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നത് വാചസ്മനി മിശ്രന്റെ ഒക്കെ സ്ഥലമായ മിഥിലയിലാണ് ഇദ്ദേഹം ഒരു മൈഥില ബ്രാഹ്മണനാണ് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത് അപ്പൊ പറയുന്നു ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ളത് ബംഗാളികൾക്കാണ് അതുകൊണ്ട് ഇദ്ദേഹം ഒരു ബംഗാളിയാകാനേ വഴിയുള്ളു വേറെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരാളുണ്ടാകത്തി അങ്ങനെ പറയുന്നവരുമുണ്ട് ചുരുക്കത്തിൽ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല എന്ന് ചുരുക്കം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരുപാട് വിപ്രതികത്തികൾ കണ്ട് മനം മടുത്ത് എന്നാ ഇതെല്ലാം ഒന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞാണ് ഗ്രന്ഥത്തിന്റെ പേരാണ് പ്രത്യക്തത്വത്തെ പ്രകാശിപ്പിക്കുന്നോണ്ട് പ്രത്യക്ത പ്രതിപ്പിക്കുക ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതുന്നതിന് തനിക്ക് പി എച്ച് ഡി ഉണ്ടോ എന്ന് ചോദിച്ച ഉണ്ട് അതാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് വിദുഷ വിവരമുള്ളവനാണ് ധൈര്യമായിട്ട് വായിക്കാം എന്നാണ് ചോദിക്കുക എന്താണ് ഒത്തിരി കടന്നു പോയില്ലേ തന്നെ കുറിച്ച് തന്നെ താൻ അത് അഹങ്കാരമല്ല വിനയോ ആത്മവിശ്വാസമാണ് രണ്ടെന്നുമല്ല അത്ര വരമ്പ് വളരെ ലോലമാണ് പക്ഷേ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിന്റെ വിദ്വത്വം എത്ര വലുതാണെന്നുള്ളത് അപ്പോ വിദുഷാ വിദുഷാ വിദുഷാന്ന് എത്ര തവണ പറഞ്ഞാലും പോരാ അത്രയും എല്ലാ ശാസ്ത്രങ്ങളിലും കേവലം അദ്വൈതത്തിലല്ല അദ്വൈതം ദർശനങ്ങൾ സാഹിത്യം ഭാഷ സർവകാര്യങ്ങളിലും അഗാധമായ വൈദുഷ്യം ഉണ്ടായിരുന്ന ഒരാളാണ് ചിസ്മിനി വിദുഷ ക്രിയത്തെ പ്രത്യത്വ പ്രതീപികംസ പ്രഗത്ഭവാചാല പ്രത്യക്തത്വ പ്രദീപിക വിദുഷാ ചിത്സുഖമുനിനാ ക്രിയത്തെ സ്പഷ്ടമാണ് ബാക്കി ഞാൻ ഈ പറഞ്ഞേക്കാ എൻ്റെ അടുത്ത് വരുന്നത് ഇവിടം മുതൽ ഇനി അടുത്തുമുതലങ്ങോട്ട് വാദം ആരംഭിക്കുകയാണ് ഇത് ജൽപ്പകഥ ജൽപ്പകഥയെ ആശ്രയിച്ചിട്ടാണെന്ന് വെച്ച ഹർഷന്റെ ഭണ്ഡന മണ്ഡലം ശരിയാവില്ല മറ്റുള്ളവരെ സീത്തോ പറഞ്ഞിട്ട് എന്താ കാര്യം തനിക്ക് പറയാനുള്ള പറയണ്ടേ അതുകൊണ്ട് അതങ്ങ് വാദം ജൽപ്പം മിദണ്ട എന്ന് പറയുന്നത് അതിനെയൊക്കെ കളഞ്ഞിട്ട് പരപക്ഷത്തെ ഖണ്ണിക്കുകയും സ്വപക്ഷ സ്ഥാപനം പരപക്ഷഖണ്ഡനം രണ്ടും കൂടെ ചായിരുന്നു അപ്പോ തത്വപ്രതി രണ്ടും മനസ്സിലാക്കാം എന്താണ് അദ്വൈത പക്ഷം എന്തല്ല അത് മനസ്സിലാക്കുക പ്രധാനമാണ് എന്താണെന്നറിയുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് എന്തല്ല എന്നറിയുന്നു ഒരു കാര്യത്തിന്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഇവിടെ എന്തു ചെയ്തു ജൽപ്പ കഥയെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ വാദം നടക്കുന്നത് ചർച്ച നടക്കുന്നു അതൊന്നാരംഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലൂ തരാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ഇനി മനസ്സിലാകും ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നു പ്രമാണനകനിർഭിന്ന മഹാമോഹാമരാരയെ നമസ്കർമോ നൃസിംഹായ സുപ്രകാശിതാത്മനെ പ്രമാണനഖ നിർഭിന്ന മഹാമോഹാമരാരയെ സ്വപ്രകാശിതാത്മനേ നൃസിംഹായ നമസ്കർമ്മ ഇതൊക്കെ വളരെ സിമ്പിളാണ് പ്രമാണനഖം പ്രമാണ രൂപത്തിലുള്ള നഖങ്ങളെ കൊണ്ട് നിർഭിന്നമാക്കി കീറിപ്പറിച്ച് എന്തിനാ കയറി പറിച്ചു കളഞ്ഞത് മഹാമോഹ അമരാരയെ അമരാരി എന്ന് പറഞ്ഞാൽ മഹാമോഹമാകുന്ന അജ്ഞാനമാകുന്ന അസുരനെ അപ്പോ അവിടെ അസുരനെ നരസിംഹം കൊന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രമാണ അജ്ഞാനത്തെ നശിപ്പിച്ചേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അതാണ് ഇവിടെ അപ്പൊ പ്രമാണമാകുന്ന നഖങ്ങൾ അതാണ് ഫോട്ടോയിൽ കാണുന്ന നഖം ഒറിജിനൽ നഖമല്ല പ്രമാണങ്ങളാണ് അവിടെ കിടക്കുന്ന മടി കിടക്കുന്ന അമരാരി അസുരൻ എന്താ പേര് ഹിരണ്യ അക്ഷനല്ല ഹിരണ്യ അദ്ദേഹം പാവം അജ്ഞാനമാണ് അങ്ങനെയുള്ള മഹാമോഹമാകുന്ന അമരാരിയെ നിർഭിന്നമാക്കിയാണ് എന്താണ് സ്വപ്രകാശ ചിതാത്മാവ് ആണ് ആര് നൃസിംഹം ആ ചിതാത്മാവ് തന്റെ തന്നെ സ്വന്തം നഖങ്ങളെ കൊണ്ട് ഈ അജ്ഞാനത്തെ നശിപ്പിച്ചു നടത്തും അപ്പൊ ചിതാത്മാവിന്റെ എന്തായിരിക്കും എന്താ പ്രമാണം ഇവിടെ ശ്രുതി പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന പ്രമ അതിനു പറയുന്ന പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രമാശബ്ദത്തിൽ നിന്ന് ഭാവാർത്ഥത്തിലോട്ടു വന്നു കഴിഞ്ഞാൽ പ്രമീയത അനീന പ്രമാണം പറഞ്ഞാൽ എന്തായി പ്രമാകരണം അല്ല പ്രമാപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി പ്രമാ ബഹുളം കേട്ടിട്ടില്ലേ ഭാവാർദ്ധത്തിൽ നിന്നാ പ്രമേയന്റെ പ്രമാണം കരണാർത്ഥത്തിൽ നിന്നെന്താ ഈ പ്രമാണം പ്രമ കാരണമായി തുറക്ക സംഗ്രഹം പഠിച്ചിട്ടുള്ളവർ കേട്ടിട്ടുള്ളവരെല്ലാം മുഴുവൻ ക്ലാസ്സും കേൾക്കണ്ട സമയം പഠിക്കും മൂലം ശരിക്കറിഞ്ഞിരിക്കണം ഇത് മനസ്സിലാകുന്നതിന് അത് സഹായിക്കും വിശേഷം ഹേത്വാഭാസം ഹേത്വാഭാസം മൂലം മൂലം തറവായിരിക്കണം ായിരുന്നാൽ ഇത് മനസ്സിലാകത്തോളം ഇല്ലെങ്കിൽ പല ഭാഗവും പ്രയാസവും പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് പ്രമ എന്താ പ്രമാകരണം പ്രമാണങ്ങൾ ഏതൊക്കെയാണ് പ്രമേയം ഇത്തരം കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു മറ്റേ ദീർഘമായ വ്യാഖ്യാനങ്ങൾ ചിലയിടത്ത് വേണ്ടിവരും പക്ഷെ ഇത്രയെങ്കിലും കൈയിരിക്കുന്നു സ്വപ്രകാശ ചിതാത്മാവ് ആ ചിതാത്മാവിൽ നിന്നെ നഖങ്ങൾ എന്ന് പറയുന്ന എന്താണ് അതിന്റെ തന്നെ പ്രകാശമാണെന്തോന്ന് ജ്ഞാനം ചിതാത്മാന്ന് പറഞ്ഞെന്തോ ജ്ഞാനമല്ലേ ചുസ്വരൂപമായ ആത്മാ അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനമാണ് ആ ജ്ഞാനമാണ് എന്തു ചെയ്യുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അപ്പൊ ഇവിടെ എന്ത് ചെയ്തു ചിതാത്മാവിന് നൃസിംഹമായിട്ടെടുത്തു ചിതാത്മാവിൽ നിന്നുണ്ടായ ആ ജ്ഞാനം അതിനെ നഖമായിട്ടെടുത്തു ആ നഖം നിർഭിന്നമാക്കിയത് അജ്ഞാനവുമായി എല്ലാവർത്തു വന്നു അപ്പം മുമ്പ് കഴിഞ്ഞതിൽ പറഞ്ഞെന്താണ് സത്യാനന്ദ പദോദിതം സത്യം ആനന്ദം രണ്ട് കാര്യങ്ങളെ പറഞ്ഞു അവിടെ ചിത്തിനങ്ങ് വിട്ടു ഇവിടെ വന്നപ്പോ എന്തിനടുത്തു സ്വപ്രകാശ ചിതാത്മനെ സ്വപ്രകാശ ചിതാത്മാന്ന് പറയുമ്പോ അവിടെ ശേഷിച്ച സച്ചിതാനന്ദത്തിന് ശേഷിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചെന്താണ് ഇനി ഇവിടെമൂലാണ് എല്ലാ കഥകളികളും ആരംഭിക്കുന്നത് ദുര്യോധന വധം തുടങ്ങി സർവവധങ്ങളും ഇവിടെമൂല ആരംഭിക്കുന്നു സ്വപ്രകാശി ഇവിടെ പോലാണ് ചോദ്യവും സമാധാനം എല്ലാം വരുന്ന ഇവിടെ ആണ് ഇവിടെ പ്രമാണമെന്ന് പറഞ്ഞാൽ അദ്വൈതത്തിൽ അദ്വൈതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഷത്തിൽ ചർച്ച ചെയ്യുന്ന രീതിയിലല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിലെന്തെങ്കിലുമൊക്കെ ഭാഷമായിട്ടൊക്കെ വിരോധങ്ങൾ വരുന്നിടത്ത് നമ്മൾ അതും പറയും അതുകൂടെ പറയും ഭാഷയുമായിട്ട് എന്താണ് പ്രത്യേകത ഇത് വിശദീകരിച്ചിട്ട് ഭാഷത്തെ അനുകൂലിക്കുന്നിടത്ത് അതും പറയും അല്ല വെറുതെ ഇത് നമ്മൾ നൈയായികനെ ഖണ്ഡിച്ചിട്ടോ മീമാംസകനെ ഖണ്ഡിച്ചിട്ടോ ബൗദ്ധനെ ഖണ്ഡിച്ചിട്ടോ നമുക്കെന്താ പ്രയോജനം യാതൊരു പ്രയോജനമില്ല അപ്പൊ ഭാഷയുമായിട്ടൊരു താരതമ്യം ചെയ്താൽ പ്രയോജനം വരും എന്താ പ്രയോജനം വരുന്നത് എന്താണ് അദ്വൈതമല്ലാത്തതെന്ന് മനസ്സിലാവും അതും അത്യാവശ്യമാണ് എന്തേ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് കയറി ഒരു നല്ല സാധനം വാങ്ങിക്കണമെങ്കിൽ എന്തറിയണം ഡ്യൂപ്ലിക്കേറ്റ് വരും ഡ്യൂപ്ലിക്കേറ്റ് എന്താ അല്ലെന്നുകൂടെ അറിയുന്നവന് നല്ലത് വാങ്ങിക്കാൻ പറ്റും കാശ് കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചോണ്ട് രണ്ടുവന്നു കഴിയുമ്പോൾ അതാണ് ഇവിടെ നമ്മുടെ പ്രയോജനം നമുക്ക് അങ്ങനെ ഒരു പ്രയോജനം കൂടെ ഉണ്ട് അല്ല കണ്ട അപ്പം അതിന്റെ വ്യാഖ്യാനത്തെ നോക്കണം തൊട്ട് താഴെഴുതിയിട്ടുണ്ട് സംസ്കൃത വ്യാഖ്യാനം നന പ്രസാദ പ്രമാണം ഈ പ്രശ്നം മാറ്റി വെക്കണേ ഈ പ്രശ്നം വ്യക്തമല്ല വായിക്കാൻ ഇത് വായിച്ചാൽ അതിന്റെ കൺഫ്യൂസാകും ഇതിനകത്ത് പൊട്ടില്ല പൊറ്റ പൊട്ടും ഇല്ല പൊട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായ അനുസ്വാരം ഒന്നുമില്ല അതുകൊണ്ട് വായിച്ചാൽ ഇത് പുല്ലിങ്ങാണോ നൗസാലിങ്ങമാണോ എന്ന് തിരിച്ചറിയാൻ ശ്ലോകത്തിലെ നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടോ അത് ഇപ്പൊ തൽക്കാലയിലും മതി ഞാൻ കൈകാര്യം ചെയ്തതല്ലേ അതുകൊണ്ട് എനിക്കുണ്ട് സ്ഥിരം മുമ്പോട്ട് പോകുമ്പോ ഞാനിപ്പോ പൊട്ട് തൊട്ട് വായിച്ചോളാം അത് പ്രയാസമുട്ടെ മുമ്പോട്ട് ഇല്ല പറ്റത്തില്ല ഈ അടുത്ത കാലത്ത് കൈകാര്യം ചെയ്തുകൊണ്ട് പ്രശ്നമുണ്ട് പ്രമാണം തത്വമസ്യാദി വാക്യജനിതാ ജീവബ്രഹ്മൈക്യാകാരാ ചിത്ബിംബാരണീ ബുദ്ധിവൃത്തി അതാണ് പ്രമാണത്തിന്റെ ലക്ഷണം തത്പ്രതിബിംബിതം വൈതന്യം ഇത് ഈ പുസ്തകമൊക്കെ പഠിക്കുന്ന മനഃപ്പാടം ചെയ്തു വയ്ക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ആരെങ്കിലും വിരട്ടാൻ വന്നാൽ തിരിച്ചു വരട്ട ഇത്രേയുള്ളൂ അത്രയേ ഉള്ളൂ അല്ല പ്രയോജനം ബ്രഹ്മസൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം എന്താണെന്നായി പറയൽ അവിടെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇത് മനസ്സിലാവും നമുക്ക് എന്താണ് പ്രമാണ പ്രമാണം എന്താണ് ലക്ഷ്യം തത്വമസ്യാദിവാക്യജലിത തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതും ഇതിനാണ് അഖണ്ഡാകാരം എന്ന് പറയുന്നത് ബ്രഹ്മാകാരവൃത്തി അഖണ്ഡാകാരവൃത്തി എന്നൊക്കെ പറയുന്ന ഈ സാധനം തന്നെ ജീവബ്രഹ്മിപ്രതിബിംബാരണി ചിത് പ്രതിബിംബത്തെ ധരിച്ചിരിക്കുന്ന അതാണ് നേരത്തെ പറഞ്ഞത് സുപ്രകാശ ചിതാത്മാവിന്റെ നഖം സുപ്രകാശ ചിതാത്മാവിന്റെ പ്രതിബിംബത്തെ ധരിച്ചിരിക്കുന്നു ബുദ്ധി വൃത്തി അതാണ് ഇതിനെ ചരമവൃത്തി അഖണ്ഠാകാരവൃത്തി എന്നൊക്കെ പറയുന്നതിന്റെ വ്യാഖ്യാനമാണ് ഇതിനെ കുറിച്ച് അദ്വൈത സിദ്ധിയിലും വേദാന്ത പരിഭാഷയിലും സുഖിയിലും ഒക്കെ ചർച്ച ചെയ്യും ഇതാണ് പ്രമാണം എന്ന് അദ്വൈതി പറയുന്ന ബ്രഹ്മജ്ഞാനം പ്രമ എന്ന് പറയുന്നത് അതിന്റെ സാങ്കേതികമായ വിശദീകരണം തത്വമുസ്യാദി വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്നതും യുവബ്രഹ്മൈക്യത്തെ വിഷയമാക്കുന്നതും ചിത് പ്രതിബിംബം ഉള്ളതുമായ ചിത്തവൃത്തിയാണ് എന്ത് പ്രമ എന്നും പറയാം അല്ലെങ്കിൽ തത്പ്രതിബിംബിതം ചൈതന്യം വൃത്തി ചൈതന്യം രണ്ടുണ്ട് വൃത്തിയിൽ പ്രതിബിംബിച്ചിരിക്കുന്നതാണെന്ത് ചൈതന്യം ആ ചൈതന്യത്തെ വേണമെങ്കിലും പ്രമാന്ന് പറയാം ആ വൃത്തിയെ വേണമെങ്കിലും പ്രമാ വ്യത്യാസം വരുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ നശിപ്പിക്കുന്നത് വൃത്തിയുമാകാം വൃത്തി അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അല്ല ഇനി അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് ചൈതന്യവുമാകാം ചിലരുടെ പക്ഷം അനുസരിച്ച് എന്താണോ വൃത്തിയാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് ചിലരുടെ പക്ഷമനുസരിച്ച് എന്താണോ വൃത്തിപ്രതിബിംബിത ചൈതന്യമാണ് അത് വേദാന്ത പരിഭാഷയിലും മറ്റും ഇതിനെക്കുറിച്ച് വിശദമായി പറയും തൽക്കാലം നമ്മൾ ഇത്രയും അറിഞ്ഞിരുന്ന രണ്ടഭിപ്രായം പറയാൻ കാരണം ഇതാണ് എന്താണോ വൃത്തി അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന ഒരു പക്ഷം മറ്റൊന്നെന്താണോ വൃത്തിയിൽ പ്രതിബിംബിതമായ ചൈതന്യം നശിപ്പിക്കുന്നു കാരണം അജ്ഞാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ചൈതന്യത്തിന്റെ ആവശ്യമില്ലെന്നാണ് കാരണം വൃത്തി അതിസ്വച്ഛമാണ് സാത്വികമായ അന്ധക്കരണ വൃത്തിയാണ് അത് സ്വച്ഛമായതുകൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ചോളും എന്ന് പറയും അത് ഇതാണ് വിചാരസാഗരം ഇപ്പോഴുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ കുറിച്ച് ഇതെല്ലാം പ്രകടനഗ്രന്ഥങ്ങളിൽ രണ്ടു പക്ഷത്തെയും കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത് ഒന്നിൽ ബ്രഹ്മാകാര അല്ലെങ്കിൽ ബ്രഹ്മാകാര പ്രതിബിംബിത ചൈതന്യം ഇതറിഞ്ഞിരിക്കുന്ന വടക്കേ ഇന്ത്യയിലൊക്കെ മണ്ഡലേശ്വരന്മാർ പാവങ്ങളെ വിരട്ടെന്ന് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മളായാലും വാവ വിളിച്ചിരുന്നു എന്താണ് തത്വമ്യ ജലദാജീവ്രാകാര ചിപ്രതിബധാരണീ ബുദ്ധിപ് ചൈതന്യം എന്നൊക്കെ പറയുമ്പോ ആരായാലും ഒന്ന് അറയ്ക്കും എന്തിന് എന്തെങ്കിലും ഒന്ന് ചോദിക്കടുത്ത ഭാഗത്തേക്ക് പോക്കോളൂ അതുകൊണ്ടിരുന്നു കേട്ടു കേട്ട് പേടിച്ചു പോകരുത് അതെ വരുമല്ലോ അതിന് ഞാൻ പറഞ്ഞത് ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് ചോദിക്കരുത് തന്നു പേടിച്ചാൽ മാത്രം മതി ഇതൊക്കെ വിശദീകരിക്കും അതാണ് ഇവിടെ പ്രമാണം പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ ശിശു കാചാര്യർ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ആശയമാണ് അത് നൃസിംഹത്തെ രൂപകം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് നൃസിംഹം പരബ്രഹ്മവും നൃസിംഹത്തിന്റെ നഖങ്ങൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ആ അസുരൻ അവിടെ കിടന്നത് സാക്ഷാത് അജ്ഞാനവും അല്ലല്ലോ ഇതൊക്കെ വളരെ പ്രസിദ്ധമായി പലയിടത്തും ഉള്ളത് അതാ ഞാൻ പറഞ്ഞത് അദ്വീത സദ്യ കാരണം ഇദ്ദേഹവും പിന്നെ ബാക്കിയുള്ള പ്രകടനഗ്രന്ഥങ്ങളിലും എല്ലാം വരുന്ന കാര്യമാണ് സ്വന്തമൊന്നും അല്ല ഇതെഴുതിയിരിക്കുന്ന ആളും അതുപോലെ ഒരു വിദ്വാനാണ് ഇതിന്റെ ഒരു ചെറിയ രൂപമുണ്ട് മണ്ഡന മിശ്രന്റെ ബ്രഹ്മസിദ്ധി എന്ന് പറയുന്നത് ഗ്രന്ഥ മണ്ഡന മിശ്ര അതിന്റെ ചോട് പിടിച്ചാണ് ഇതിൽ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് അതിനെ പൂർണ്ണമായും പിന്താങ്ങിയ ആളാണ് ആര് വാചസ്പതി മിശ്രൻ വാചസ്പതി മിശ്രനെ ആക്ഷേപിക്കുന്നവരും ഒരു മണ്ടനപൃഷ്ടസേവിചസ്പതി എന്ന് പറഞ്ഞാൽ മനസ്സിലായാ മണ്ടനന്റെ ആസനം താങ്ങിയാണ് ആര് വാചസ്പതി അതായത് സ്വന്തമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാണ് വാചസ്പതി മിശ്രനെ കുറ്റം പറയുന്നവര് മണ്ഡലപൃഷ്ടസേവിചസ്പതി എന്ന് പറയും അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ആചാര്യന്മാർ അത്യാവശ്യം വേണ്ട ജീത്തകളൊക്കെ പറയും നമ്മള് പറയാൻ പാടുന്നേ ഉള്ളൂ അല്ലല്ല ഇത് വേറെ സുരേഷ് ആചാര്യല്ല മണ്ഡല മിശ്രന്റെ ബ്രഹ്മസിദ്ധിക്ക് വാചസ്മതി മിശ്രൻ തത്വസമീക്ഷൊരു വ്യാഖ്യാനം എഴുതി ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഭാമതിൽ ഇടയ്ക്കിടയ്ക്ക് പറയും തത്വസമീക്ഷായ മുക്തം ഞാൻ അതെല്ലാം തത്വസമീക്ഷ പറഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം പറയും അദ്ദേഹത്തിന്റെ ഒരു വലിയ ആരാധകനായിരുന്നു വാചസ്മതി മിശ്രൻ അപ്പൊ ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാധീനിച്ചിട്ടുണ്ട് നിരാകരിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം അവിടെ തന്നെ ആരംഭിക്കുന്നതാണ് ഇവരെല്ലാവരും തന്നെ ഭാഷകാരന് ശേഷവുമാണ് പ്രമാണനഖനിർഭിന്ന മഹാമുഹാമരാരയെ നമസ്കൃമോ നൃസിംഹായ സപ്രകാശിതാ അങ്ങനെ ഇന്ന് നമ്മൾ മൂന്ന് പാട്ട് പാടിയിട്ടുണ്ട് കാണാതെ പഠിച്ചാൽ നല്ലത് കാണാതെ പഠിച്ചില്ലെന്ന് പറഞ്ഞ് ഞാനാരും പുറത്താക്കത്തില്ല ആരും ഇങ്ങോട്ട് വരാതിരിക്കരുത് അറ്റൻഡൻസ് പെട്ടെന്ന് കുറച്ചുള്ളത് കുറച്ചു ദിവസം ഇങ്ങനെ നിർത്തുന്നത് ഞാനായിട്ടെന്തായാലും കൊറപ്പിക്കത്തില്ല ചിലക്കെ പേടിച്ച് പേടിച്ചവിടെ നിന്ന് എത്തി നോക്കിട്ടാ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് കയറാമോ പാടില്ലേ കയറി കഴിഞ്ഞാൽ എന്താവും സുനാമിയെല്ലാം ഉണ്ടാവും പേടിച്ചുവരുന്ന ഞാനായിട്ടൊരു ബദ്രോ ഉണ്ടാകത്തില്ല ജ്യോതിർദക്ഷിണമൂർത്തിവ്യാസങ്കരശ്ദി ജ്ഞാനോത്തമാഖ്യം തദ്വന്ദേ സത്യാദപോതി പ്രതിപത്തിവ്രാദ്ധ്വാൻ ദധ്വംസ പ്രഗൽഭവാചാ കിയതനി പ്രദീപുഷ പ്രമാണനഖനിർഭി മഹാമോഹമരാര നമസ്കൃമോ നൃസിംഹാ സ്വപ്രകാശചിത്മനേ